अर्जुन उज जायसी चेत्कर्मणस्ते मुद्धिजनादना तत् कर्मणि घोरे मोजयसी केशवा േണേവ്യേന ബുദ്ധിം മോഹയസീ വേ തിത്യാ ശ്രേയോഹമാനുയാഭവാച ലോകെസ്വിദനിഷ്ട പുരാ പ്രോക്തമയാണ ജോല സഖ്യാ കമ്മയോഗേന യോഗിനാരംഭ നൈഷക്യം പുരുഷോസ്നുദേസി സമധിഗതി നി കിക്ഷണമു കർമ്മ കാര്യദേഹവശകർമാ സർവകൃതിജൈർഗുണൈ കർമ്മന്ദ്രിയാണ സംയമ്യാസ്തേ മനസാസ്മരൻ ഇന്ദ്രിയാർ വിമൂഢാത്മാ നിചാര സ ഉച്ചി മനസ ർജുന കർമ്മേന്ദ്രി കമ്മയോ അസക്തസുശിഷ്യം കർമ്മജ്യോഹകർമ്മണീരയാത്ര പേ േ കമ്മണ യാർക്കുമണോ ഞോകോയ കമ്മവന്ദന തദർ കമ്മ കൗന്യ മുസര സഹയജാ സൃഷ്ട പുരോവാജ പ്രസവിശദ്ദോത്തിമതുക്കേവാൻ ഭാവയതേ ദേവായുവാസ് परस्परं ഭയ ശ്രേയ പരമവാപ്യത ഇഷ്ടാഭോി വോ ദേ യവിദൈർദാന പ്രഭ്യോ പേന യജ്ഞിഷ്ടാശിന് സന്തോ മുച്ചിൽ ये പാപേ പചന്താത്മക അന്നഭവന് പജനിയധന്ഭവ യാഭവതി പജന്യജ്ഞകർമ്മ സമദ്ഭവ കമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാരസമുദ്ഭവം തസ്സും ബ്രഹ്മ നിത്യം യേ പ്രതിഷർത്തിവർത്തയേഹയാൂരിന്ദ്രിയാരാമ മോഹം പാർപ്പസ ജീവതി യത്മരി ആത്മതൃപ്തമാനവാത്മന്യ സന്തുഷ്ട കാര്യം നൈവേനേഹ കൂത കച്ചിദർത്തശ്രയാ തസ്സക്ത സമാചര അസക്തോരൻ കർമ്മ പരമാോദിപൂരുഷാ കമ്മണൈവി സംസിദ്ധി ആസ്തി ജനഗാദയാ ലോകസംഗ്രഹമേവാ സമ്പ്യൻ കത്തർ യരതി ശ്രേഷ്ടേദോജന സത് പ്രണം കുരു ോകസ്തേ നാസ്തി കിഷു ലോകേഷുചന നാനവാമ്യം വർത്തവ ചണി യഹം ന ിത മമ വത്മാനു വേ മനുഷ്യ പാർസ ഉത്സീദേയുരിമേ ലോക ചേഹം സങ്കരസ്ഥ सक्ता ഉപഹനയാമി മക്തയ വിദ്വാംസാന്ധി ഭാരത കുറിയംസദ ചികിീർഷുലോകസംഗ്രഹം ുദ്ധിഭേദം ജനയ ജോഷ വിദ്വാസമാചരൻ പ്രകൃതി കിട്ടു കർമാണി അഹങ്കാരമൂഢാത്മാർഹമതി മന്യദേ തഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണഗുണേശവർത്ത മജ്ജത്തെ പ്രകൃഗുണസൂഢ സജ്ജന് ഗുണകർമ്മസൂ തന്നി മന്ധാൻ കൃത്നവിന്ദ വിചാ മയി സർവാ കർമാണി സന്യസ്യധ്യാത്മചേതസ യാശീ നിമോഭൂ യുദ്ധസ്ഥ വിഗതജം നിത് അനുഷന്തി മാനവാദാവോ നസൂയന് മുച്ചേ കർമ്മീ ഭ്യസൂയന്തിേ മതമൂാസ്താ വിനഷ്ടാന ചേതസം ചേട്ടേ സ്വ പ്രകൃതി ജാനവാനീ പ്രകൃതിഭൂതരിഷ്യതിയേഷോ വ്യവസ്ഥോ തയോർനവമാഗേ തോഹസരിബന്ധിനോ ശ്രേയാൻ സ്വധർമ്മോഭിഗുണ പരധർമാനുഷിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോഭയാവഹ അർജുനവാച അധ കയുക്യം പാപം ചരതി പൂരുഷ അനിശന്നിവാസ് വലാജിത ശ്രീഭഗവാച കാമേ കോധയേശ രജോ ഗുണസമുദ്ഭവ മഹാശനോ മിനിഹ വൈരിണൂമേന പ്രിയതേ അഗ്നി യർശോ മലിനേനാവൃതോ तदातेने തേദമാവൃത വ്യാപൃതം ജ്ഞാനമേ ജാതിനോ നിൈരി കമരുപേണ കൗന്യ ദുഃഖൂരെ ഇന്ദ്രിയാണി മനോബുദ്ധി അയാധിഷ്ടമു േ വിമോഹയത്േഷമാവൃത്യേന തസ്മാരിയാതോ്യവരർശ്വാത്മാനം പ്രജഹീഷ്യേനം ജാനവിജ്ഞാനശനം ഇന്ദ്രിയാണി പരാണ്യഹു ഇന്ദ്രിഭ്യ പരം മന മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സേം ബുദ്ധ്വേ പരം ബുദ്ധ്വാ സംഭ്യാത്മാനമാത്മന ു മഹാബാഹോ കാമൂപം ദുരാസത ഓ തസ്സിദഗവദ്ഗീത ഉപനിഷ ബ്രഹ്മവിദ്യോസ്ത്രീകൃഷ്ണാർജുന സംവാ ഇനി നമുക്ക് കാണേണ്ടുന്ന ഭാഗമാണ് കർമ്മയോഗം എന്നുള്ള തൃതീയോധ്യായം അതൊരു വലിയൊരു മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് കാരണം പലപ്പോഴും നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴല്ലോ നമ്മളൊരു ചോദ്യം നമ്മളിൽ വരാറുണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയായി ഭർത്താവിനെ നോക്കല് ഭാര്യയുടെ കടമയാണ് ഒരു പക്ഷേ ഭർത്താവിന് ആത്മീയത ഒട്ടും ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക ഭാര്യയ്ക്ക് ആത്മീയത വളരെ ഇഷ്ടമാണ് വിചാരിക്കുക ഇപ്പൊ ഭാര്യ വീട് വിട്ട് അമ്പലത്തിൽ പോയി നാമം ജപിക്കുന്നതാണോ ധർമ്മം അതോ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിനെ നോക്കലാണോ കടമ ഏതാണ് ഭർത്താവിന് ഭാര്യ അമ്പലത്തിൽ പോകുന്ന ഇഷ്ടമല്ല ഈ സത്സംഗങ്ങൾക്കൊന്നും പോകുന്ന ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സത്സംഗങ്ങളല്ല നാരായണീയ സംസ്കാരം അതിനൊന്നും പോകുന്ന ഇഷ്ടമല്ല ഭർത്താവ് ഭാര്യയോട് പറയുന്ന നിന്റെ കടമ എന്നെയും കുട്ടികളെയും നോക്കലാണ് അതിലപ്പുറം നിനക്ക് നാരായണിയും വേണ്ട ഭാഗവതം വേണ്ട എന്ന് പറയുമ്പോ ഭാര്യയുടെ മനസ്സിൽ കൺഫ്യൂഷനായി നാരായണനെ വേണോ നാരായണിയും വേണോ ഏതാ ഇതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിനെ നോക്കൽ കടമയാണ് അല്ലെ അതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ ഭഗവത് കാര്യത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് ഭൂരിപക്ഷം നോക്കട്ടെ ഞാൻ ചോദിക്കുന്നത് സത്യസന്ധമായ ഒരു ചോദ്യമാണ് അല്ലെ എല്ലാവരുടെ ഉള്ളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികളെ വിട്ട് അയാൾ പോകാൻ പാടു സ്വാമി എന്ന് ചോദിക്കാറുണ്ട് അയാൾക്ക് കാര്യത്തിൽ എപ്പോഴും ഈ ആത്മീയത എന്ന് പറഞ്ഞ അമ്പലത്തിൽ നടക്കുന്ന അയാൾ എത്രയോ അമ്മമാര് പറയാറുണ്ട് ചില ഭർത്താക്കന്മാരും പറയണ്ട അവൾ രാവിലെയായി നാരായണീട്ടൊരു ബുക്ക് പോയിരുന്നു എന്റെ കാര്യത്തിൽ അവൾക്കൊരു സദ്യ ഇല്ല ഞാൻ വിചാരിച്ചു റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വീട്ടിലെ സ്വസ്ഥമായിട്ടിരിക്കുകയെന്ന് അപ്പൊ നോക്കുമ്പോൾ അവൾ എന്നെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നാരായണിയെ പുസ്തകം കക്ഷത്ത് വെച്ച ഒരൊറ്റ ഇറങ്ങി എന്നോടൊരിക്കലും ഒരാൾ പറഞ്ഞതാണ് നിങ്ങളെപ്പോഴുള്ള സ്വാമിമാർ വലിയ ദ്രോഹികളാണെന്ന് നിങ്ങൾക്കത് പ്രചരിപ്പിക്കുക കാരണം എന്റെ ഭാര്യ എന്നെ സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ സമ്മതിക്കുന്നില്ല അവൾ രാവിലെയാൽ നാരായണിയെ കക്ഷത്ത് വെച്ചൊരൊറ്റ ഇറക്കുന്നത് അത് കഴിഞ്ഞാലോ എന്നിട്ട് അവളൊരു പണി ചെയ്ത് വെക്കുന്ന എന്താ പറയുക സാമ്പാർ ഉണ്ടാക്കി വെക്കും എന്തെങ്കിലും കറി ഉണ്ടാക്കി വെക്കുന്നുണ്ട് നിങ്ങൾ ചോറുണ്ടാക്കിക്കോളൂ എന്ന് അതും കഴിഞ്ഞ് അവൾ നാരായണിയൊക്കെ കഴിഞ്ഞ് തളർന്നൊരു വരവുണ്ട് എന്നിട്ട് എന്നോട് പറയും ഒരു കാപ്പി ഉണ്ടാക്കി താന്ന് എനിക്ക് തന്നെ സംശയം വീട്ടിൽ ഹൗസ് വൈഫ് ആരാണെന്നുള്ളത് നാരായണിയെ വായിച്ചിട്ട് ഞാൻ വിചാരിച്ച ഊർജ്ജസ്വലം കേട്ടാ വരുന്നത് തളർന്നിട്ടാണ് വരുന്നത് ഞാൻ കേട്ടിട്ടുള്ള കാര്യം അതൊക്കെ അപ്പോ ഏതിന് പ്രാധാന്യം കൊടുക്കണം കടമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെന്ന് കൈ പൊക്കെ എത്ര പേരുണ്ട് നാരായണീയം വേണ്ട ഒരു ക്രൈസിസ് വരുമ്പോ ഏതിന് പ്രാധാന്യം കൊടുക്കണം രണ്ടും പറ്റിയില്ല ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കണം ഇത് അച്ഛന്റെ കൂടെ കിടക്കുകയും വേണം അമ്മയുടെ കൂടെ പോണം നടക്കില്ല അമ്മയുടെ കൂടെ കിടക്കുകയും വേണം അച്ഛന്റെ കൂടെ പോവുകയും വേണം നടക്കില്ല ശരി സത്സംഗത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട് നിങ്ങളൊക്കെ ഇതിനെ കെട്ടിയത് എന്തായാലും ഈ കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് ഷുഡ് വി ഗീവ് ഇമ്പോർട്ടൻസ് ടു അവർ ഡ്യൂട്ടി ഓർ ഷുഡ് വി ഗീവ് ഇമ്പോർട്ടൻസ് ടു അപ്ലിപ്മെന്റ് ഓഫ് അവർ അവർ മൈൻഡ് ഹി ഗിവ് ഇമ്പോർട്ടൻസ് ടു അപ്ലിപ്മെന്റ് ഓഫ് അവർ മൈൻഡ് ഡെഫിനറ്റ്ലി യോട്ട് ടു ഡിസ്കാർഡ് ദ ഡ്യൂട്ടീസ് രണ്ടുകൂടി നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും ഭർത്താവിന്റെ രണ്ടെണ്ണം കൊടുത്തിട്ട് പോണെന്നോ സി ഭർത്താവിന്റെ അനുമതി കിട്ടാത്ത കാര്യം ഉണ്ടാവുമല്ലോ സത്യം ആ ഭർത്താവ് പോവരുത് പറഞ്ഞാൽ പോവരുത് ഭർത്താവ് പോവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ ഇത്തിരി ആത്മീയതയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലതൊക്കെ നെഗ്ലക്ട് ചെയ്യണോ എന്നുള്ള ക്രിറ്റിസിസം എന്നും വരാറുണ്ട് ഉണ്ടോ ഇല്ലയോ ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കടമകൾ വേണ്ട വിധത്തിൽ നിറവേറ്റുന്നില്ല എന്നുള്ള പരാതികൾ വരാ ഉണ്ടോ ഇല്ലയോ ഇത് രണ്ടും കോർഡിനേറ്റ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാകും ചില ആളുകൾ പറയും നിങ്ങൾ കടമകളാണ് കാരണം ഈശ്വര തുല്യനായി ആരെ കാണണം ഭർത്താവിനെ കാണണം ദേവി തുല്യയുടെ ഭാര്യയെ കാണണം എന്ന് പറയില്ല വേറെ കാര്യം അത് ഞാനിതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഭർത്താവിന്റെ ദൈവതുല്യം കാണണം എന്ന് പറയാറ് അപ്പൊ അതുകൊണ്ട് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതുണ്ടാക്കി കൊടുക്കണം അത് നിങ്ങളുടെ കടമയാണ് അത് ചെയ്യേണ്ടതാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര ഭാഗവതം കേട്ടിട്ടും നാരായണിയും വായിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ ഇതെപ്പോഴും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കാറുണ്ട് മനുഷ്യ മനസ്സിനത് ചെയ്യുന്നത് ശരിയാണോ ഭർത്താവ് അവിടെ ചായ കുടിക്കണം വൈകുന്നേരം ഓഫീസിൽ വിട്ട് വന്നിരിക്കുന്ന സമയത്ത് ചായ കുടിക്കാൻ ചായ തരുമെന്ന് പറയേണ്ട സമയത്ത് അവ്യക്താദീനി ജാത സഹദ്രുവോ മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലച്ച കിട്ടാത്തതുകൊണ്ടിരിക്കുക സ്ഥിതിഗതികളാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക അപ്പൊ എങ്ങനെ നമ്മൾ ഇതിനെ പുറത്തു കിടക്കും ഹൗ വി ക്യാൻ ഓവർകം അതിന് ഭഗവാൻ പറഞ്ഞു തരുന്ന ഒരു ജോലിയാണ് ഇക്കർമ്മയോഗം അർജുനന്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധം ചെയ്യേണ്ടതാണ് അർജുനന്റെ ജോലി കടമ ഇപ്പോ ഭഗവാൻ പറയണോ നിന്റെ ശ്രദ്ധ നീ ഇവരിൽ നിന്നൊക്കെ തിരിച്ച് ആരോഗ്യത്തിരിക്കണം ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിയുന്തോറും കർത്തവ്യം വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നും വരില്ല മനസ്സിലാവുണ്ടോ കാരണം ഭഗവാനിൽ ശ്രദ്ധ തിരിച്ചുകൊണ്ട് നിങ്ങൾ നാമം ചൊല്ലിക്കൊണ്ടൊരു കടമ ചെയ്തു നോക്കൂ ചിലപ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായി അതിൽ ശ്രദ്ധ വന്നു എന്ന് വരില്ല നിങ്ങൾ നാമം ചൊല്ലിക്കൊണ്ട് ചായ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ സപ്പോസ് യു ആർ മേക്കിംഗ് ടീ വയൽ ടൈം ഓഫ് മീക്ക് നിങ്ങൾ നാമം ചൊല്ലിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം അതിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് നിങ്ങൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചായ നിങ്ങൾക്ക് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ കാരണം എത്ര പൊടി ഇടണം എത്ര പഞ്ചസാര ഇടണം അതിലൊന്നും ശ്രദ്ധ വന്നിട്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന കാര്യം ഭംഗിയാവോ ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പല്ല് പറക്കുന്ന സമയത്ത് ഡോക്ടർ ഗീത ഉൾക്കൊണ്ടുകൊണ്ട് പല്ല് പറക്കാതിരിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് പല്ല് പറക്കുകയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ഓം വിശ്വം വിഷ്ണു അഷഡ്കാരോ എത്ര പേർക്ക് സമ്മതമാവത് ഹേ നിങ്ങളോട് പറയാം വായ തുറന്നാമതി ഞാൻ വിശ്വാസാസാം ചൊല്ലി വലി വലിച്ചോളാന്ന് മനസ്സിലായോ ചിലപ്പോ പറക്കേണ്ടവല്ലാവില്ല അത് വലിച്ചെടുക്കുന്നത് അപ്പൊ ചെയ്യുന്ന പ്രവൃത്തി നല്ലവണ്ണം ശ്രദ്ധ വലേക്ക് ശ്രദ്ധിച്ചാൽ മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കാൻ അപ്പൊ പറയുന്നത് എങ്ങനെ നടക്കും അതിന് ഭഗവാൻ നമ്മളോട് പറയുന്നു ഇത് സാധിക്കാൻ എളുപ്പ വഴിയാണ് കർമ്മയോഗം എന്നുള്ളത് എന്താണ് അതിന്റെ രഹസ്യം അല്ലെങ്കിൽ ഞാൻ അതിന്റെ എസെൻസ് പറഞ്ഞു തന്നേക്കാം കർമ്മവും കർമ്മയോഗവും ഇത് രണ്ടും മനസ്സിലാക്കാൻ കർമ്മം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ് കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ പ്രവൃത്തിയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചില പ്രവൃത്തികൾ അനസ്യൂതം നടക്കുന്നുണ്ട് ഉണ്ടോ സൂര്യൻ ഒദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു സൂര്യോദയ സമയത്ത് ചെടികളും എല്ലാം മൃഗങ്ങളൊക്കെ ഉണരുന്നു ഊർജമെടുക്കുന്നു അവരും പ്രവർത്തിക്കുന്നു പിന്നീട് നമ്മളും ഉണരുന്നു നമ്മുടെ ശരീരവും പ്രവർത്തിക്കുന്നു നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അനസ്യൂതം പ്രവൃത്തികൾ ഇതിൽ നടക്കുന്നുണ്ട് ഉണ്ടോ എന്തൊക്കെ പ്രവൃത്തികളുണ്ട് ശ്വസനം നടക്കുന്നുണ്ട് പിന്നീട് ദഹനം നടക്കുന്നുണ്ട് സർക്കുലേഷൻ നടക്കുന്നുണ്ട് രക്തങ്ങളുടെ ചലനം നടക്കുന്നുണ്ട് ഓരോ സെല്ലുകളും ഉണ്ടാവുന്നുണ്ട് മരിക്കുന്നുണ്ട് മലമൂത്രങ്ങളൊക്കെ വേർതിരിയുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ കർമ്മങ്ങൾ അനവധി നടക്കുന്നത് പിന്നീട് നമ്മൾ കൈകാലുകൾ ചരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന കർമ്മം അവിടെ നമ്മുടെ മനസ്സുകൂടി ഇൻവോൾവ് ചെയ്യണം ഈ ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ ആരുടെ ഇൻവോൾവ്മെന്റ് ഇല്ലയുണ്ടോ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിൽ മനസ്സുറങ്ങിയാലും എന്ത് നടക്കും ബ്രീത്തിംഗ് നടക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കും ഈ കിഡ്നിയുടെ ഒക്കെ പ്രവർത്തനം നടക്കും എന്നാൽ നിങ്ങൾക്കൊരു കാപ്പി ഉണ്ടാക്കണം ചായ ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ വേണം വേണോ അപ്പൊ മനസ്സുകൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് അതിനെയാണ് പൊതുവെ കർമ്മം എന്ന് പറയുന്നത് മനസ്സിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ സംസ്കാരം പറയുന്നു ഈ കർമ്മം ഈ പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതാണ് അപ്പൊ അവിടെ നമുക്കൊരു ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ഇതിനെ പറയാ കർത്തൃത്വ ബോധം എന്ന് പറയുന്നത് കടമാബോധം കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്യേണ്ടതാണ് ഇപ്പൊ ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുമ്പോൾ ഈ കർമ്മത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കാണ് ഇത് എന്റെ കടമയാണ് എന്റെ ഉത്തരവാദിത്തമാണ് ആർക്കാ പ്രാധാന്യം എനിക്കാണ് ഈ ഞാൻ എന്ന് പറയുന്ന സാധനം ആരാണ് ഈ ഞാൻ എന്ന് പറയുന്നത് ആരാണ് ചൈതന്യമാണെന്ന് വെക്കുക ഉറക്കത്തിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ചൈതന്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ജഡമല്ല അപ്പം ഞാൻ ഉറങ്ങുന്നു നിങ്ങൾ പറയൂ എന്തുകൂട് പറയുന്നില്ല ചൈതന്യമില്ലേ എപ്പോഴും അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്ന് പറയണമെങ്കിൽ ആര് വേണം നിങ്ങളുടെ ഞാൻ എന്ന് പറയുന്നത് മനസ്സുണർന്നതിന് ശേഷമാണെങ്കിൽ നിങ്ങളുടെ ഞാൻ ചിന്തകളിലല്ലേ നിൽക്കുന്നത് നിങ്ങളുടെ ചിന്തകളെ മരവിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കുന്നു എന്ന് നിങ്ങൾ പറയൂ അപ്പൊ ഈ നിങ്ങളുടെ ഞാനവിടെ പോയി ചൈതന്യമില്ലേ എപ്പോഴും അപ്പം നിങ്ങളിലെ ഞാനിരിക്കുന്നത് നമ്മുടെ ചിന്തകളിലാണ് മനസ്സിലാണ് ഇരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടോ നിങ്ങൾ അപ്പം നമ്മൾ മനസ്സുകൊണ്ട് രണ്ടു കാര്യം ഉറപ്പിക്കുകയാണ് ഒന്ന് ഈ ശരീരം ഒരാളുടെ ഭാര്യയാണ് ഒരാളുടെ ഭർത്താവാണ് ഇന്നതാണ് അതുകൊണ്ട് എനിക്ക് ഇവരോട് ചില കർമ്മങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത് നമ്മൾ നമുക്കൊരു പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അതിലെന്താ ഒരു കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ നമുക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചില പ്രതീക്ഷകൾ വരും അപ്പം നിങ്ങളെ മനസ്സുകൊണ്ട് പറയും ഞാൻ ചെയ്യുന്നതിന് എനിക്ക് തിരിച്ചും കിട്ടേണ്ടതുണ്ട് സ്നേഹം കിട്ടേണ്ടതുണ്ട് അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള സ്നേഹങ്ങളൊക്കെ കിട്ടാതെ വന്നാൽ ഏതിനെ ബാധിക്കും ചെയ്യുന്നതിനെ ബാധിക്കും വാസ്തവത്തിൽ കർമ്മമല്ല നിങ്ങളെ കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളിലെ ഞാനെന്നൊരു അവകാശമുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നു എനിക്കിത് കിട്ടണം നിങ്ങളുടെ മനസ്സിന് നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ഉറപ്പിക്കാൻ സാധിക്കും രണ്ട് ആ വ്യക്തിത്വത്തിന് ചിലതെല്ലാം വേണമെന്ന് ഉറപ്പിക്കാൻ സാധിക്കും ഇതിനെ പറയും കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയും കർമ്മത്തിന്റെ മർമ്മങ്ങളാണ് ഇത് രണ്ടും കർത്തൃത്വം കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്യുന്നു രണ്ടാമത്തത് ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്കിതെല്ലാം കിട്ടേണ്ടതാണ് അപ്പൊ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത് ഉണ്ടോ ഇല്ലയോ ഏതെങ്കിലും ഭാര്യ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നെ ഇങ്ങോട്ട് നിങ്ങൾ സ്നേഹിക്കുക വേണ്ട എന്നാലും ഞാൻ എന്റെ കടമകളൊക്കെ ചെയ്തോളാം ഏതെങ്കിലും ഒരു ഭാര്യ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താ നിങ്ങൾ ഉത്തരം പറയാത്തീൻ എനി വൈഫ് ഐ വിൽ ഡ്യൂ മൈ ഡ്യൂട്ടീസ് യു ഡോണ്ട് ഔട്ട് ലവ് മീന്താണ് ഓട്ടോമാറ്റിക്കലി വരും ഓട്ടോമാറ്റിക്കലി വന്നിട്ടില്ലെങ്കിലോ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭർത്താവ് വേറൊരാളെ സ്നേഹിക്കുന്നു ലോകത്തിലുള്ളതാണോ ഉള്ളതാണോ ആ ഭാര്യയ്ക്ക് ഭാര്യയോട് ആ ഭർത്താവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുമോ ഉണ്ടാവില്ലേ അതെന്താ അത് കർമ്മം ചെയ്യേണ്ടത് ഉത്തരവാദിത്തമല്ലേ എന്റെ ഭർത്താവിന് ഞാനല്ലേ ചെയ്യേണ്ടത് സ്വന്തം ഭർത്താവ് നിങ്ങളെ കല്യാണം കഴിച്ചിട്ടു ഒരു ഉദാഹരണം വേറൊരാളെ ഇഷ്ടപ്പെട്ടു എന്ത് ചെയ്യാനാണ് അപ്പൊ അയാളോട് ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ കടമകള് നമുക്ക് പരിപൂർണ മനസ്സോട് ചെയ്യാൻ തോന്നോ ഈ നമ്മുടെ കടമയല്ലേ ശ്രീരാമനെയൊക്കെ വിടും നിങ്ങൾ ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കുന്നത് ഡോൺ ഡ്രിങ്ക് സീത കടമയിൽ എപ്പോഴും ഭർത്താവ് ഭർത്താവ് അല്ലാതിരിക്കും ഒരു സ്ത്രീയെ സ്നേഹിച്ചു എന്ന് വെച്ചിട്ട് കടമകളിൽ ആത്മാർത്ഥ ഉണ്ടാവുമോ എന്തു ഇത് നിങ്ങളുടെ കടമയല്ലേ അപ്പൊ നമ്മൾ ഇന്ന് കർത്തവ്യങ്ങൾ ചെയ്യുന്നതിന്റെ പിന്നില് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ഉടമസ്ഥാവകാശങ്ങളുമുണ്ട് ആ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല ഉണ്ടോ നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം കടമകൾ ചെയ്താലും അവൻ കല്യാണം കഴിച്ച് അവന്റെ ശ്രദ്ധ മുഴുവൻ അവന്റെ ഭാര്യയിലേക്ക് തിരിഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെ പരിപൂർണമായ ഒരു മനസ്സിലുണ്ടാവില്ല ഉണ്ടാവുമോ അതെന്ത് പറ്റി നിങ്ങളുടെ മകനല്ലേ നിങ്ങളുടെ മകനല്ലേ എന്താ നിങ്ങൾ ചിരിക്കുന്നത് കാരണം എന്റെ ഉടമസ്ഥതയില്ലെന്നും ആളുകൾ സത്യമാണോ ഈ പറയുന്നത് ഇത് മനസ്സിന്റെ ഇത് മനസ്സിന്റെ ഒരു ഇതൊക്കെ നിങ്ങൾ സമ്മതിക്കില്ലേ കാരണം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെ നിങ്ങൾ ചെയ്തേക്കാം ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്തേക്കാം പക്ഷെ ഒരു പണ്ടത്തെ മനസ്സൊരിക്കലും പരിപൂർണമായൊരു മനസ്സ് വരില്ല ഉണ്ടോ അപ്പൊ മനസ്സിന്റെ ആ ഒരു പരിപൂർണത നമുക്ക് നഷ്ടപ്പെട്ടു കാരണം നമ്മുടെ കയ്യിൽ നിന്നും അത് ഉടമസ്ഥാവകാശം പോയിരുന്നു അപ്പൊ കർമ്മം എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശം വച്ചിരിക്കുന്നതിൽ നാം പ്രവൃത്തി ചെയ്യുമ്പോൾ നാം അതിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും ഇതാണ് സാധാരണക്കാരന്റെ കർമ്മം ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അത് മനസ്സിനെ ഉയർത്തുകയല്ല ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഒരു മനസ്സിനെയും നിങ്ങൾക്ക് ഉടമസ്ഥയായി അല്ലെങ്കിൽ ഉടമസ്ഥനായി തീരാൻ സാധ്യ മനസ്സ് തെറ്റിദ്ധരികയാണ് ഇതെന്റെയാണെന്നുള്ളത് ഇതെന്തയാണെന്ന് നിങ്ങൾ ധരിക്കുമ്പോഴേക്കും പ്രകൃതി അതിനെ മാറ്റിയിട്ടുണ്ടായിരിക്കും അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് പറയും ഈ ലോകത്തിൽ ആർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് പിന്നെ നിങ്ങൾ പറയും ഇതൊന്നും ആയിരുന്നില്ല വേണ്ടത് ഭക്തിയായിരുന്നു വേണ്ടത് തിരിച്ചും നിങ്ങൾ പറയാൻ തുടങ്ങും എന്തുകൊണ്ട് നമ്മൾ ഉടമസ്ഥാവകാശം വെച്ചതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും ഇനി കിട്ടാൻ പോകും മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് കർമ്മത്തിലൂടെ ജീവിക്കുന്നവരൊക്കെ ഉയർന്നിട്ടില്ല അവരൊക്കെ തളർന്നിട്ട് വരും അവിടെയാണ് ഭഗവാൻ പറയുന്നത് എന്ത് കർമ്മയോഗം എന്നുള്ളത് എന്താ കർമ്മയോഗവും കർമ്മവും തമ്മിലുള്ള വ്യത്യാസം കർമ്മയോഗം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ശരീരം കൊണ്ടാണല്ലോ നിങ്ങൾ കർമ്മം ചെയ്യുന്നത് ആണല്ലോ എന്ത് കർമ്മം ചെയ്യണമെങ്കിലും ശരീരം വേണം ഈ ശരീരം നമുക്ക് തന്നിട്ടുള്ളത് ഒരച്ഛനമ്മമാര് ചേർന്നിട്ടാണെങ്കിലും ഈ ശരീരത്തിൽ മനസ്സിനെ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത് ഈശ്വരനാണെങ്കിൽ ഇന്ന് ഈ ശരീരത്തിന് ജീവനം നൽകുന്നത് ആരാണ് ഈശ്വരൻ ഈ ഒരു ബോധം നിങ്ങൾ ഉൾക്കൊണ്ടുപോചിക്കുക എന്റെ ശരീരത്തിൽ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്റെ ശരീരമല്ല പ്രകൃതിയുടെ ശരീരമാണ് പ്രകൃതിയാൽ കൂട്ട ഉണ്ടാക്കപ്പെട്ട സാധനങ്ങളാണ് ഇതിരിച്ച് പ്രകൃതിയിലേക്ക് ഇതിലാണ് ഇന്ന് എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഇതിനെ കൂട്ടിയോജിപ്പിച്ചത് ഭഗവാനാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ കൂട്ടിയോജിപ്പിച്ചത് ഭഗവാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം ബന്ധങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത് ഹഗവാനാണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ എന്തെല്ലാം ജോലികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ അതൊക്കെ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത് ഭഗവാനാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് ഏത് കാണാൻ പറ്റും ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യം ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഭഗവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ ഈശ്വരന്റെ സേവനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ ഈശ്വരൻ തന്നിരിക്കുന്ന അവസരങ്ങളാണ് അവസരം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് പറയും തമിഴിൽ അവസരമല്ല ഞാൻ പറയുന്നത് മലയാളത്തിലെ അവസരം തമിഴിൽ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരപ്പെടാതെ എന്ന് പറയാറില്ലേ പരിഭ്രമിക്കാതെ തിരക്ക് കൂട്ടരുതെന്ന് ഇപ്പൊ മലയാളത്തിൽ അവസരം എന്ന് പറഞ്ഞാൽ ചാൻസ് ഭഗവാൻ തന്നിരിക്കുന്ന ഓരോ ചാൻസാണ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ ഭഗവാൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതാണ് എന്ന് കരുതി കഴിഞ്ഞാലോ ഭഗവാൻ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഫലവും ആരാണ് തരേണ്ടത് അങ്ങനെ നിങ്ങൾ ജീവിതത്തെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ ഈ അവസരം തന്നിരിക്കുന്നത് ഭഗവാനാണ് ചാൻസ് തന്നിരിക്കുന്നത് ഭഗവാനാണ് ഇതിലൂടെ എന്ത് ഫലം വന്നാലും അതും ഭഗവാൻ തന്നിരിക്കുന്നതാണ് നിങ്ങൾ കരുതാൻ തുടങ്ങിയാലോ ഇപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നില്ലേ അല്ലേ അപ്പൊ അവസരം കൊടുക്കുകയാണ് ചെയ്യാൻ ആ അവസരത്തെ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു അവരോട് നമ്മൾ താങ്ക്സ് പറയുന്നു അങ്ങനെ അവർ കാണുന്ന സമയത്ത് ഇതെനിക്ക് കിട്ടിയിരിക്കുന്നൊരു അവസരമാണ് ഞാനതിനെ ഭംഗിയായിട്ട് ചെയ്യുന്നു ഞാനത് കിട്ടുന്ന ഫലവും ഞാനതിലൂടെ സ്വീകരിക്കുന്നു എന്ന് മനസ്സ് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് കൂടുതൽ ആരോടടുക്കും ഉണ്ടോ ഇല്ലയോ മനസ്സിലാവേണ്ടത് കർമ്മം ഉടമസ്ഥാവകാശതയാണ് എന്നാൽ കർമ്മയോഗം വിനയമാണ് അവിടെ വിനയമാണ് ഹമ്പിൾനെസ്സാണ് ആരുടെ മുന്നിൽ ഭഗവാൻ തന്നിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കല്യാണം നടന്നിരിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ കല്യാണം എന്ന് പറയുന്നത് ഭഗവാൻ തന്നിരിക്കുന്നൊരു വരദാനമാണ് അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് കല്യാണം നടത്തുന്നത് അഗ്നിസാക്ഷി എന്നാണ് പറയുക ഈശ്വരനെ സാക്ഷിയാക്കിയിട്ടാണ് ഇനി നിങ്ങളുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടാവും അതും അഗ്നി സാക്ഷിയാണ് ഗർഭപാത്രത്തിൽ ചൂടുണ്ടെങ്കിലേ ആ കുഞ്ഞിന് ആ ഗർഭപാത്രത്തിൽ വളരാൻ പറ്റുള്ളൂ ഉണ്ടോ ചില കുട്ടികളുണ്ടല്ലോ പ്രിമേച്ചറായിട്ട് വരുന്നു എവിടെ കൊണ്ടുവരണം ഏഴിലും ആറിലൊക്കെ വരുന്ന കുട്ടികളുണ്ടല്ലോ എന്താണ് അതിൻ്റെ ഉള്ളിൽ ആ ചൂടിലേ കുട്ടിക്ക് വളരാൻ പറ്റുള്ളൂ അഗ്നിയുടെ സ്വഭാവം ചൂടാണ് ഇപ്പൊ ചൂടിലാണ് അഗ്നിയിലാണ് ആ രൂപം ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ എല്ലാം തന്നിരിക്കുന്നത് ആര് തന്നെയാണ് നിങ്ങൾ നോക്കൂ വളരെ സത്യത്തിൽ നോക്കൂ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വരുമ്പോൾ അഗ്നി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ ശരീരത്തിൽ ചൈതന്യം വേണോ ജീവൻ പോയിരിക്കുന്ന ശരീരത്തിലൊരിക്കലും കുട്ടി ഉണ്ടാവില്ലാന്നോ അഗ്നി ഉണ്ടാവില്ല ചൂടുണ്ടാവില്ല ഉണ്ടാവോ കുട്ടിയിലേക്കല്ല ശ്രദ്ധ ചൈതന്യം പോയി കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ല ചൂടില്ലാത്ത ശരീരത്തിലൊരിക്കലും ഒരു കുട്ടിക്ക് ജന്മം എടുക്കാൻ സാധ്യതയല്ല ഉണ്ടോ അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ജന്മം പോലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് കാരണം അത് ഭഗവാൻ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമല്ലേ ആണോ അല്ലേ ഇങ്ങനെയെല്ലാം നമ്മൾ ആ രീതിയിൽ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവ്രിത്തിങ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഗിവൻ ബൈ ഗാഡ് ആൻഡ് വാട്ട് എവർ കംസ് പ്രസാദം നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു തരത്തിലുള്ള ചിന്ത കൊണ്ട് നമ്മുടെ ശ്രദ്ധാരിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഈ രീതിയിൽ നിങ്ങളെ കാണാൻ ശ്രമിച്ചു നോക്കൂ പിന്നെ നിങ്ങളെ വീട്ടിൽ പോകുമ്പോൾ ഭർത്താവിനെ കാണുമ്പോൾ മക്കളെ കാണുമ്പോൾ ഇതൊക്കെ എൻ്റെ കടമയാണ് നിങ്ങളുടെ ഭാര്യ ഞാൻ ചെയ്യുന്നു എന്ന് ഒരിക്കലും പറയരുത് ഇനി പറയേണ്ടത് നിങ്ങളെ നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഭഗവാൻ എനിക്ക് തന്നിരിക്കുകയാണ് നിങ്ങളെന്ത് പറഞ്ഞാലും ഞാനതിൻ്റെ ഭഗവാന്റെ പ്രസാദമായിട്ടെടുക്കും നിങ്ങൾ നോക്കിയാലും പ്രസാദം ആ രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാലോ ഇങ്ങനെ ജീവിച്ചവരുണ്ട് ഇവിടെ പാഞ്ചാലി പാണ്ഡവന്മാരെ നോക്കുമ്പോഴും പാഞ്ചാലിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കും അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളാണെങ്കിൽ ബഹളം ഉണ്ടാക്കും ഭർത്താക്കന്മാരെ ഒരു സ്ത്രീ മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഭർത്താവിനെ തന്നെ മാനേജ് ചെയ്യാനുള്ള പ്രയാസം പിന്നീട് അഞ്ച് ഭർത്താവാക്കന്മാരെ മാനേജ് അതും അഞ്ച് സ്വഭാവമുള്ള ആളുകളെ ഓരോരുത്തരുടെ സൈസ് കണ്ടാൽ തന്നെ പേടിയോ ഈ തരത്തിലുള്ള ആളുകളെയൊക്കെ മാനേജ് ചെയ്യുമ്പോഴും പാചാരിയുടെ മനസ്സ് കൃഷ്ണനിലേക്കായിരുന്നു എന്തു വന്നാലും അതിനെയൊക്കെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ആർക്കുണ്ടായിരുന്നു അഞ്ച് ഭാര്യ ഭർത്താക്കന്മാരിലൂടെ ഉണ്ടായ അഞ്ച് കുട്ടികളും മരിക്കുന്ന ഒരു ദുരന്തം അവർക്ക് കാണേണ്ടി വന്നു പക്ഷെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ അവർ തളർന്നില്ലേ അതിൽ ഈ രീതിയിൽ നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ഭഗവാനിലേക്ക് തിരിക്കാം അപ്പൊ കടമകൾ ചെയ്യുമ്പോഴും നമ്മൾ ജീവിതം ധന്യമാക്കാൻ സാധിക്കും അത് നമ്മൾ പറഞ്ഞ് പരിശീലിക്കണം ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന് കാരണം ഞാനല്ല ചെയ്യുന്നത് ഇത് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ചാൻസാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ ഭംഗിയായിട്ട് ചെയ്യുന്നു ഇതിലെന്ത് കിട്ടിയാലും അത് ഭഗവാൻ തന്നിരിക്കുന്ന അസാണ് ഇതിനെയാണ് കർമ്മ എന്ന് പറയാം നിങ്ങൾ കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഉടമസ്ഥാവകാശം അഭിമാനം തന്നെയാണ് അതുപോലെ എന്ത് വരുമ്പോഴും ഞാനിതൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ സഹിക്കുന്നുവല്ലോ എന്നുള്ളൊരു കുറ്റബോധവുമില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തുന്നതിനെയാണ് എന്ത് പറയുക കർമ്മത്തിലൂടെ ഈശ്വരനുമായി യോഗം ചെയ്യുന്നതിനെ കർമ്മയോഗം അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഉഷാറായി ഭഗവാൻ പറയും ഉഷാറായി നിങ്ങളുടെ ശ്രദ്ധ കർമ്മത്തിൽ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് വിനയത്തിലൂടെ ആരിലേക്ക് തിരിക്കാം ഭഗവാനിലേക്ക് തിരിക്കാൻ പറ്റും അപ്പൊ ഇനി മാറ്റിയെടുക്കുക എന്റെ മക്കളെ ഞാൻ നോക്കണു എന്റെ ഭർത്താവിനെ ഞാൻ നോക്കണു ഇതൊക്കെ എന്റെ കടമയാണ് നിങ്ങൾ എന്നെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ എന്നൊന്നും പറഞ്ഞ അവകാശങ്ങളൊന്നും പറയാൻ ഇനി പോകരുത് ഇനി പറയേണ്ടത് ഉറപ്പിക്കൂ നിങ്ങളുടെ മനസ്സിലെ വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് പറയുക നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചു തന്നെ ഭഗവാൻ തന്നൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ നോക്കുന്നതും ഒരു ഒരു അവസരം ഭഗവാൻ തന്നിരിക്കുകയാണ് മക്കളുണ്ടായതും ഭഗവാൻ തന്നിരിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരെ നോക്കുന്നതും എല്ലാം ഭഗവാൻ തന്നിരിക്കുന്നതാണ് ഭഗവാൻ തന്നിരിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ നിന്ന് ഉടമസ്ഥാവകാശം ഈ എന്റെ എന്ന് പറയാൻ മനസ്സം സമ്മതിക്കരുത് ഇതൊക്കെ ഭഗവാന്റെയാണ് അങ്ങോട്ട് വ്യവഹാരത്തിലും പരമാർത്ഥത്തിലും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊള്ളണം അല്ലെങ്കിൽ അബദ്ധമാണത് മനസ്സിലായില്ലേ വ്യവഹാരത്തിൽ ഇത് ആളുകൾക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും നിങ്ങളിതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആരോ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാണ് ഈ കുട്ടി എന്റെ എല്ലാ എന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ ഭർത്താവിനെ ഒരാൾ ചോദിക്കേണ്ടത് ആരാണ് ഭർത്താവ് ആർക്കറിയാതല്ലേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ട് ഒന്നും എന്റെ ഇല്ല എന്ന് പറയരുത് എന്ന് എന്തൊരു അപകടമായിരിക്കും നോക്കൂ നാട്ടുകാർ എന്ത് കരുതാ പറയുന്നത് മനസ്സിലാവും അവർക്ക് അതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞേക്കാം ഇതൊക്കെ ഭഗവാൻ തന്നിരിക്കുകയാണ് തന്നെ ഇതുപോലെ നമ്മൾ കുരുക്ഷേത്രയിൽ താമസിക്കുമ്പോഴും മനസ്സിലാക്കുക ഞാൻ വന്നതല്ല എന്നെ ഭഗവാൻ എത്തി ഭഗവാൻ അവസരം തന്നിരിക്കാം അതുകൊണ്ട് ഞാൻ ഇതിനെ മാക്സിമം പ്രയോജനപ്പെടുത്തണം മനസ്സിലായില്ലേ ഇങ്ങനെ ഓരോ അവസരവും നമ്മൾ ചിന്തിക്കുമണ്ടല്ലോ നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റിയും മാക്സിമം ഉപയോഗപ്പെടുത്താൻ സാധിക്കും അടുത്തത് ഞാൻ വന്നു എന്റെ പൈസ ചിലവാക്കിയിട്ട് നിങ്ങൾ എന്താ കരുതിയത് ഞാൻ ചില്ലറക്കാരനാണോ നിന്നൊക്കെ പറയുമുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഒരു ഉടമ ഞാനൊരു കേമത്വം പറയുകയാണ് ഉടമസ്ഥാവകാശം വന്നു അപ്പൊ നമുക്ക് വന്നു ആ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യം നടന്നില്ലെങ്കിൽ അതിലൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് വന്നു നേരെ മറിച്ച് നമ്മൾ എങ്ങനെ കാണണം ഇറ്റ്സ് അൺ ഓപ്പർച്യൂണിറ്റി ഗിവൻ ബൈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഗിവൻ ബൈ ദ ഗോഡ് അപ്പൊ നിങ്ങൾ തിരിച്ച് വീട്ടു പോകുന്ന സമയത്ത് ഭർത്താക്കന്മാരെ കൊണ്ടുവരാത്ത ആൾക്കാർ ഭർത്താക്കന്മാരെ ഫ്ലൂരൽ ഞാൻ പറയുന്നു മാത്രം നിങ്ങൾ അനവധി കഥകളുള്ളതുകൊണ്ട് ടിക്കിറ്റിൻ സിംഗിൾസ് എന്നാൽ ആരോ പരിചയപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞില്ല ഇത് നമ്മുടെ ഭർത്താവാണെന്നാണ് അത് കുഴപ്പമില്ല നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ അപകടം ഫ്ലൂരലാവരുത് അപ്പോ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അത് മനസ്സിൽ പറയാവർ ഭഗവാൻ തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നത് നിങ്ങൾ പറയാത്തെ നടക്കില്ല സാധനം ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞാൽ ശരിയൊക്കെ വലിയ പ്രയാസ കുട്ടിക്കാലത്തൊക്കെയാണെങ്കിൽ ഓക്കെ ഇനിയിപ്പൊ അതൊന്നും നടക്കില്ല ഇനിയിപ്പോ ഈ വയസ്സിൽ അയാളോട് ചെയ്തൊരു അവസരം ഭഗവാൻ തന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കിതൊന്നും മനസ്സിലാവില്ല മനസ്സിലായില്ലേ കുറേയൊക്കെ നമ്മുടെ സ്വഭാവം അന്യോന്യം പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വഭാവം മാറ്റാൻ വിചാരിച്ചാൽ പോലും മറ്റുള്ളവര് നമ്മുടെ സ്വഭാവം മാറാൻ സമ്മതിക്കില്ല നിങ്ങളിതൊക്കെ കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു തന്റെ ഭർത്താവിനോട് പറയാനാണ് ഈശ്വരനൊരു അവസരം തന്നിരിക്കുകയാണ് നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നുപോലെ അപ്പൊ ആദ്യം എന്താ കരുതറി നമുക്കൊരു സൈക്കാട്ടിസ്റ്റിനെ കാണാൻ ആദ്യം എന്നാണ് കാരണം നിന്റെ സ്വഭാവം അങ്ങനെയൊന്നും മാറാൻ യാതൊരു വഴി ഇല്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ വോണ്ട് ആക്സെപ്റ്റ് ഇറ്റ് നന്നാവാൻ വിചാരിച്ചാൽ പോലും നന്നാവാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടതായതായാലും മനസ്സിൽ വയ്ക്കുക എന്നിട്ട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ അവർക്കും എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടല്ലോ എന്ന് കേൾക്കാൻ പോകുന്ന സമയത്ത് അത്രയൊന്നും പല കാര്യത്തിലും ഇപ്പോഴത് ആയൻ ചെയ്തു തരുന്നു ഡ്രസ് കൊണ്ടുവയ്ക്കുന്നു എന്തെല്ലാം കാര്യത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന തോറുണ്ടല്ലോ ഇതൊരു ആക്ച്വലി ജീവിതം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമ്മൾ ചിന്തിച്ചു ഒരു പ്രകടനത്തിന്റെ കലയാണത് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല ഉണ്ടോ അത് പ്രകടിപ്പിക്കണം അപ്പൊ പ്രകടിപ്പിക്കുന്ന ആൾക്ക് ഉള്ളിലെത്തേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സിനിമയിൽ നിങ്ങൾ നല്ല സ്നേഹം കാണാറുണ്ട് അല്ലേ സിനിമ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു സ്നേഹ ഭാര്യയും ഭർത്താവും തമ്മിൽ പക്ഷെ വല്ലതും വാസ്തവത്തിലുണ്ടോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടത്ര സ്നേഹമുണ്ട് എന്നുള്ളത് പ്രകടിപ്പിക്കുമ്പോഴാണ് എന്നാൽ നിങ്ങൾ പറയണ എന്നെ വേണ്ടത്ര സ്നേഹം ഇല്ലെന്ന് അതിനർത്ഥം വേണ്ടത്ര പ്രകടിപ്പിക്കുന്നില്ല അതല്ലേ ഭാര്യയും ഭർത്താവും സിനിമ കാണാൻ പോയിട്ട് ഭർത്താവിനോട് ഭാര്യ പറയാണ് കണ്ടുപിടിക്കും മനുഷ്യൻ എങ്ങനെയാണ് പ്രേമം ഉണ്ടല്ലേ ഭാര്യയും ഭർത്താവും കുന്നിന്റെ മുകളിൽ കയറുന്നു പിന്നെ ചാടുന്നത് പുഴയിലേക്കാണ് പിന്നെ തോണിയിലിരുന്ന് പാട്ട് പാടുന്നു നിനക്കൊക്കെ സ്നേഹിക്കാൻ അറിയുമോന്ന് പിന്നെ ഭർത്താവ് പറയാണ് എനിക്കിങ്ങനെ സ്നേഹിക്കാൻ അറിയാത്തത് കൊണ്ടല്ല അയാൾക്ക് കാശ് കിട്ടുന്നുണ്ട് ഇതൊന്നും കിട്ടുന്നില്ല ശരിയാണ് അഭിനയിക്കുന്നത് അയാൾക്ക് കാശ് കിട്ടുന്നുണ്ട് സ്നേഹത്തിന് ഇവിടെ കാശ് കിട്ടുന്നില്ല അത് മാത്രമല്ല സ്നേഹം കൂടുന്നോറും കാശ് പോവാണ് ചെയ്യുന്നത് അല്ലെ സത്യം തന്നെ ചില ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാതെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതോറും കാശ് ചെലവ് കൂടുതലാണേ അതുകൊണ്ട് സ്നേഹിക്കണം പോലും പണം വിചാരിച്ച് സ്നേഹം പിടിച്ചു പലർക്കും മനസ്സിലാവുന്നില്ലേ അത് മാത്രം ഇതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവിനെയും കൂടുതൽ സ്നേഹിക്കാത്ത സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപദ്രവം വിട്ടുമാറില്ലേ പിന്നിൽ നിന്ന് പിന്നെ സ്വസ്ഥത പിന്നെ സ്വസ്ഥത പോവും സ്വട്ടതിനം പിടിച്ചതിനൊക്കെ മൂടുതാങ്ങാന്ന് പറയില്ലേ കൂടുതൽ മൂട് താങ്ങാൻ പോവും അതുകൊണ്ട് സ്നേഹിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിലും സ്നേഹം പിടിച്ചു വയ്ക്കും ഏ സ്നേഹിക്കുന്ന അത്രയൊക്കെ മതി എന്ന് ഇതാണ് സത്യം വാസ്തവത്താണ് അതുകൊണ്ട് ഭഗവാൻ തന്നിരിക്കുന്ന അവസരമായി നമ്മളിതിനെ കണ്ട് എന്തു വരുമ്പോഴും നമ്മളത് ഭഗവത് പ്രസാദമായിട്ടൊക്കെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ अटेंशन ഉണ്ടല്ലോ വ്യക്തിയിൽ നിന്നും നിന്നും അത് തന്നിരിക്കുന്ന ആളിലേക്ക് വരും യു വാല്യൂ ദ പേഴ്സൺ യു വാല്യൂ ദ പേഴ്സൺ ദാറ്റ് ഈസ് കർമ്മം വെൻ യു വാല്യൂ ദ സ്പിരിറ്റ് ബിക്കോസ് ഓഫ് വിച്ച് യു ക്യാൻ ഡു ഓൾ യുവർ നോട്ടീസ് ദൻ ഇറ്റ് ബിക്കം കർമ്മയോഗം അങ്ങനെ നമ്മുടെ ശ്രദ്ധ വ്യക്തിയിൽ നിന്നും ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പരമസത്യത്തിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ പേരാണ് കർമ്മയോഗം മനസ്സിലാവണ്ടല്ലോ അവസരങ്ങളിലൊക്കെ അങ്ങോട്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എത്ര കൃതാർത്ഥതയും ധന്യതയുണ്ട് അതല്ലേ കുന്തി ദേവിയിലൊക്കെ ജീവിതം കർമ്മയോഗത്തിലാണ് ചെയ്യേണ്ട കടമകളൊക്കെ മക്കൾക്ക് ചെയ്തു കൊടുത്തു പൊട്ടിപ്പിടിച്ചതേ ഇല്ല അവരുടെ കൂടെ മരിക്കുന്നത് വരെ ജീവിച്ച് എന്നിട്ടും അവരുടെ മനസ്സ് ഭഗവാനിൽ തന്നെ അധിഷ്ഠിതമാക്കിയവർ ചെയ്തു ഒരു മക്കളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചതൊന്നുമില്ല മക്കളുണ്ടല്ലോ കൊട്ടാരം വിട്ടു പോവുകയാണ് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്കറിയാമായിരുന്നു മക്കൾ പോവണം ഞാൻ അവർക്കൊരു ഭാരമായി മക്കൾ പോവുന്നതിന് മുമ്പ് തന്നെ ശരീരം ഉപേക്ഷിക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ ഗാന്ധാരിക്കൻ സാധിച്ചില്ല ഗാന്ധാരിക്ക കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു ഭർത്താവിനെ കല്യാണം കഴിക്കുന്നതിന്റെ പേരിൽ ആതിവൃത്യ ധർമ്മം എന്ന് പറഞ്ഞ കണ്ണുകെട്ടിയ ദേവി ദുര്യോധനന് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കെട്ടഴിക്കേണ്ടി വന്നു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു മനസ്സിലാവുണ്ടല്ലോ ഇതുപോലെ നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്തുകയാണ് അപ്പൊ നമ്മൾ ആ കർമ്മയോഗത്തിലേക്ക് കടക്കുമ്പോ നമ്മുടെ ജീവിതം വലിയൊരു പരിവർത്തനം വരും വലിയൊരു പരിവർത്തനത്തിലേക്ക് വിധേയമാവും അതല്ലേ നമുക്ക് വേണ്ടത് കർമ്മം ബന്ധിക്കും മനസ്സിലായോ നിങ്ങൾക്ക് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ ശ്ലോകം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കും മൂന്നാമത്തെ അധ്യയത്തിൽ ഭഗവാൻ പറയുന്നു കർമ്മയോഗത്തിന്റെ രഹസ്യമായിരിക്കുന്നൊരു ശ്ലോകമാണ് മൂന്നാമധ്യയത്തില് ഏഴാമത്തെ ശ്ലോകം ഭഗവാൻ പറയാണ് യസ്തീന്ദ്രിയാരപദേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തസവിശിഷ്യതേ എസ്തു ഇന്ദ്രിയാണി മനസ്സാ നിയമ്യാരപതേർജുന മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമ്യ നിയന്ത്രിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ഞാൻ എന്റെ ഉടമസ്ഥാവകാശം എന്നൊക്കെ വച്ച് ആ ചെയ്യുന്ന ബോധത്തെ നിയമ്യ നിയന്ത്രിച്ചുകൊണ്ട് കർമ്മേന്ദ്രിയെ കർമ്മയോഗം കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക കർമ്മം ചെയ്യരുതെന്നല്ല ഭഗവാൻ പറഞ്ഞത് കർമ്മം ചെയ്യണം പക്ഷേ നമ്മുടെ സമീപനം ഒന്ന് മാറ്റി അങ്ങനെ ചെയ്യുമ്പോ അസക്ത സവിശിഷ്യത അവനൊന്നിനോടും ആസക്തിയുള്ളവനായി തീരില്ല എന്ന് വെച്ചാൽ ആരോടും അവന് ഒരൊട്ടലുണ്ടാവില്ല അവന്റെ ഒട്ടൽ ആരോടായിരിക്കും കാരണം ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഒരു ഭാവം അവന്റെ ഉള്ളിൽ ഉറച്ചു കിട്ടും എന്ന് അങ്ങനെ ജീവിച്ച് ആ വ്യക്തി പറയുന്ന പത്തൊൻപതാമത്തെ സത്യത്തിൽ വീണ്ടും പറയാണ് തസ്മാസക്ത സതം കാര്യം കർമ്മ സമാചര അസക്തോഹ്യാചരൻ കർമ്മ പരമാത്നോദിപൂരുഷ മനസ്സിലാവുണ്ടോ അസക്ത സതതം കാര്യം കർമ്മ അസക്തനായി കാര്യം കർമ്മ സമാധരൻ ചെയ്യേണ്ടതൊക്കെ അപ്പൊ ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കരുത് എങ്ങനെ ചെയ്യണം അസക്തനായി ചെയ്യെന്ന് പറഞ്ഞാൽ അർത്ഥം ഞാനതിന്റെ ലിറ്ററൽ മീനിങ് അല്ല നിങ്ങളോട് ചോദിക്കുന്നത് ഇതിലെല്ലാം ഉടമസ്ഥാവകാശം വയ്ക്കാതെ ഇതെല്ലാം എന്റെ ശരീരത്തിൽ എന്റെ മനസ്സിനെ കൂട്ടിച്ചേർത്തത് ഭഗവാനാണെങ്കിൽ ഈ ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നത് ഇതൊക്കെ ഭഗവാൻ തന്നിരിക്കുന്ന അവസരങ്ങളാണ് ഓപ്പർച്യൂണിറ്റിയാണ് ചാൻസസ് ആണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്റെ കർത്തവ്യങ്ങളിൽ ഒരാൾ നിരതനായി കഴിഞ്ഞാൽ അസക്തോ അയാൾക്ക് ഒരാളോടും ഒന്നിനോടും അസക്തി ആ അസക്തനായിച്ച കർമ്മം ചെയ്യുന്ന ആൾ ആദരൻ കർമ്മ ഹി തീർച്ചയായിട്ടും പരമാപുനോദി പുരുഷ അവനെങ്ങോട്ടെത്തും ആരിലേക്ക് തിരിയും അവൻ ഭഗവാനിലേക്ക് തിരിയും അപ്പൊ ഭഗവാനിലേക്ക് തിരിയാൻ കർമ്മത്തിലൂടെ സാധിക്കുമെന്ന് ഭഗവാൻ തെളിയിച്ചു തരുന്ന ശ്ലോകമാണിത് ക്ലിയറാണോ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് കർമ്മത്തിലൂടെ ബന്ധിതരാവാം കർമ്മയോഗത്തിലൂടെ ഇത് നമ്മുടെ സമീപനം മാറ്റിയെടുക്കണം ഇത്രയും കാലം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് എന്റെ കല്യാണം കഴിഞ്ഞു എന്റെ ഭർത്താവ് അതിലൂടെ രണ്ട് കുട്ടികളെ കെട്ടി ഞാൻ അവരെ വളർത്തുന്നു ഇതൊക്കെ ഞാൻ ചെയ്തതാണ് ഞാനില്ലെങ്കിൽ വരുന്നു അങ്ങനെയാണ് ഞാൻ ഞാൻ കൂടെ ഉറപ്പിച്ചത് എന്റെ എന്റെ എന്നൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ ഏറെ പ്രതീക്ഷകളുമുണ്ട് ഈ പ്രതീക്ഷകളൊക്കെ നമുക്ക് കിട്ടാതെ വരുമ്പോ നമ്മൾ മാനസികമായി തളരുന്നുമുണ്ട് ഇങ്ങനെ നമ്മൾ സ്നേഹം കിട്ടുമ്പോൾ ഉയരുകയും സ്നേഹം കിട്ടാതിരിക്കുമ്പോ തളരുകയും ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല ഇത് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നതിന് പകരം കാരണം ഈ ബന്ധങ്ങളൊക്കെ ക്രമേണ ക്രമേണ അകന്നു പോകേണ്ടതാണ് ഒരു ദിവസം ഞാൻ ഒറ്റപ്പെടേണ്ടതാണ് ഈ ബോധങ്ങളൊന്നും നമ്മളെ ഇപ്പൊ ബോധിപ്പിച്ചു തരുന്നില്ല മനസ്സ് എന്നാൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ ഭഗവാൻ തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് തന്നിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങളെ നിറവേറ്റുകയും തന്നിരിക്കുന്ന ഭഗവാനോട് കൃതജ്ഞതയും സ്നേഹവും നന്ദിയും അടുക്കവും കാണിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കർമ്മഫല പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സ് മുക്തമായിക്കൊണ്ട് എന്തു വന്നാലും അതൊക്കെ ഭഗവത് നിയോഗമായി ഭഗവത് നിശ്ചയമായി ഭഗവത് പരീക്ഷണമായി ഭഗവത് പ്രസാദമായി നമുക്ക് കാണാൻ സാധിക്കുമ്പോ മനസ്സാരോടടുത്തോളും ഇതല്ലേ വേണ്ടത് അപ്പൊ കർമ്മം നിങ്ങളെ ബന്ധിക്കും നിങ്ങളെ കർമ്മത്തിൽ ഉടമസ്ഥാവകാശമുണ്ട് കർമ്മയോഗത്തിൽ വിനയമുണ്ട് കർമ്മയോഗത്തിൽ വിനയം തന്നിരിക്കുന്നത് ഭഗവാൻ ഇവിടെ കടപ്പാട് മുഴുവൻ ആരോടാണ് പക്ഷേ കർമ്മം മുഴുവൻ ചെയ്യുന്നത് തൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടവരോടാണ് അപ്പൊ ശരീരം കൊണ്ട് ശരീരത്തോടും മനസ്സുകൊണ്ട് ഇതാണ് കർമ്മയോഗത്തിൻ്റെ വിശേഷം എന്ന പ്രയത് ഇത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുക മനസ്സിലായോ നിങ്ങൾക്ക് അപ്പോ ചിന്തിക്കൂ നിങ്ങൾ കല്യാണം കഴിഞ്ഞു ഭർത്താവായി മക്കളായി കുട്ടികളായി അവരുടെ പേരെ കുട്ടികളായി ഇവരൊക്കെ നമ്മൾ നോക്കുമ്പോഴും നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളണം ഭഗവാൻ തന്നിരിക്കുന്ന ഇനി അവസരം എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട് വേറൊരു കാര്യമുണ്ട് അവസരങ്ങൾ എന്ന് പറയുമ്പോഴും നമ്മളിപ്പോയി ചാടിക്കയറി ഒന്നിലും ഇടപെടേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടതൊക്കെ വന്നു ചേർന്നുകൊള്ളൂ ആ വന്നു ചേർന്ന് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോ ഈ ഇടപെട്ട് നമ്മളതൊക്കെ കുഴപ്പത്തിലാക്കി പിന്നെ നമ്മൾ മാനസികമായി തളരുന്നുവെങ്കിൽ പിന്നെ അതിൽ ഭഗവാൻ എന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മനസ്സിലായി ഇതൊക്കെ നമുക്ക് കാണാം പലരുടെയും ജീവിതത്തിൽ ഞാനൊന്ന് നേരെയാക്കി കളയാന്ന് വിചാരിച്ചിട്ട് പലരും പലരുടെ ജീവിതത്തിൽ ഇടപെടും അവസാനം അവർ നേരെയാവാതെ വരുമ്പോണ്ടല്ലോ വളരെ വിഷമിച്ച് ദുഃഖിച്ച് ദുഃഖിച്ച് എന്താണ് വിഷമവും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ എനിക്ക് കാണാം അതൊന്നും നമുക്ക് നമ്മുടെ മനസ്സിനെ ഇടവരുത്തരുത് അതാണ് നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളത് ഉൾക്കൊള്ളാനുള്ളത് ഇതാണ് കർമ്മയോഗം എന്ന് പറയുന്ന ജീവിത രഹസ്യത്തിന്റെ എസൻസ് കഥമേദ വിജയാ പ്രോക്ത ശ്രീഭഗവാച ബഹൂനി മേവി ജന്മാനി തവജാർജുന േ സേവാം വേത് സമരംഭോ സന്തോ പ്രകൃതി സ്വാമിഷ്ടാ സ്വമ്യാസ്മമായാ യി ധർമ്മേവതി അത് ധർമ്മ താത്മാനം വൃാമ്യഹം പരിത്രാണൂഷ സംവനം യുഗേ യുഗേ ജന്മ കർമ്മേ ദം യോ വേത്തി തേഹം പുനർജന്മ േരി <imitation> സോർജരാഗമയോധമാദൃതോസ്ഗതാസ്യ മ്യഹം മത്വർത്തേ മനുഷ്യ പാർട്ടസർമ്മ സിദ്ധിം യജന്തംേ ലോകേ ചാതു മയാണകർമ്മ വിഭാഗർമിമാ കാരമവ്യയം നമ്മൾ ലിമ്പി മാം യോ കർമ്മിന്നേം കൂർമുക്ഷു ഗുരു കർമ്മ തസ് മാം പൂർവതരം കൃതം കർമ്മേതി കവയോയ മോഹിത സത് കമ്മ പ്രവശ്യമോച്യത്തെ ശുഭ കർമ്മണോ വിമോദ്ധവ്യം വി ബോദ്ധവ്യം ചിണ അകർമ്മോധ്യം കർമ്മണോ ഗണ്യ പശ്യേ യാഷ്യേഷു സംയുക്തസ്നകർമ്മ യേ സമാരംഭൽപ്പവർജിത ജാഗ്നിദഗ്ധകർമാ തമ്മഫല സഹം ചതർ നിരാശ്രയാ കമ്മണ്യു പ്രവൃത്ത സഥൈരം കെയം കോദിൽിഷം എതൃച്ചയാതൃച്ചാ ലാഭസന്തുഷ്ടോ വിമത്സരാ ഗസംഗ ചാരതമാക്ഷരമാണേ ബ്രഹ്മാ ബ്രഹ്മ അപ്പ ബ്രഹ്മാഗ്രോ ഹുദം ബ്രഹ്മപത്തെ ഗവ്യംസമേവായം പര്യുപാസേ ബ്രഹ്മാജ്ഞാപരെ യം irevo vabhutya di trokadi indriyan yannya tamyamakti sudukkali shakkaadi visayana yannya indriyaakmi sudukkari sarva indriya karmaani കർ ചാത്മസംയമയോ യുഗീക്ഷീയോയച്ചുഗയേ സ്വയാ അപാനേ ദുഃഖീ പ്രാ ക്ഷി കൽമോമൃതബുധോബ്രഹ്മസനം കാജ്ഞത്തിന്യക്കുരുത്തമാ ഹുവിധാജാ വികേ ക വിദ്യാൻ സർവാൻ ജാ വിമോച്യത്തെ ശ്രേയാൻ ദ്രിമയാ ർമാലം പാണേ പരിതമാപരെ തേ ജനം ജ്നിര സ്പദർശന യാ പുനേമോഹം എനം ജാസ്യതി പാണ്ഡൂതയാത്മഞ്ഞതോ മയ അഭിഷേകി പേഭ്യ േറ്റ പാപകൃത്തമാനപ്ലവനൈ ജലം സന്ദരിശ്യത്തിഥേദാം സമീ പത്മസാ കൂടുതേജു ണി കുരുന സദൃശം പവിത്രമിഹ ക്ഷേം യോഗസ്ഥാനവിന്ദതി േ ജയേന്ദ്രി ജനം ല പരാതിരെതിഫയാമാ യം ലോകോസ്തിന് പരോം സംശയാത്മനോ സന്യസ്തകരെ സംശി സംശയം ആത്മവന്തം നീ tanandaṁ tīvaraṁ ceya tasmā bñāna sampūdaṁ tasmā bñāna sampūdaṁ tattam jñānaśirāmpanāṁ tasmā bñāna sampūdaṁ tasmā bñāna sampūdaṁ jñānaśirāmpanāṁ സംശയം യോഗം അതിഷ്ടോത്ഷ്ടത സപ്തീലീ ശ്രീമദ്ഭഗവത്ഗീതാസൂ ഉപനിഷത്ത ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാ ജാനകർമ്മസന്യാസയോ <speaking> നമ്മുധ്യ <in Hebrew>